അത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോട് ഇപ്പോ ഹിരണ്യകശിപു രാവണൻ കംസൻ ഇവർക്കൊക്കെ മുക്തി കിട്ടാൻ എന്തു പ്രമാണം എന്ന് ഭാഗവതത്തിൽ യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ നാരദൻ പറയണു അവരൊക്കെ ധ്യാനിച്ച് സിദ്ധന്മാരായി സമാധിസ്ഥിതിയിലിരുന്നതുകൊണ്ടാണ് അവരൊക്കെ മുക്തരായത് എന്ന് അപ്പൊ ധർമ്മപുത്ര ചോദിച്ചു അവരൊക്കെ ധ്യാനിക്കേ അവരെങ്ങനെ ധ്യാനിച്ചു അതാണ് അവരുടെ ധ്യാനത്തിന് ഒരു പ്രത്യേക യോഗമാണത് പല വിധ മെഡിറ്റേഷൻ പറയുന്നുണ്ടല്ലോ ഹിരണ്യകശിപു കംസൻ രാവണൻ ഇവരുടെയൊക്കെ യോഗം എന്താന്ന് വെച്ചാൽ സംരംഭ സംഭൃത സമാധി യോഗം എന്നാണ് വെറുപ്പ് കൊണ്ടും ഭയം കൊണ്ടും നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് ഭഗവാനെ പിടിച്ചു അത്രയേ എന്നുവെച്ചാൽ ഭഗവാനെ നിരന്തരം പേടിച്ചു ഭഗവാനെ നിരന്തരം വെറുത്തു ഒരാള് അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ വെറുക്കുകയാണെങ്കിൽ സദാ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും അല്ലേ സ്നേഹിക്കാണെങ്കിൽ പോലും അത്ര കണ്ട് ചിന്തിക്കില്ല സ്നേഹിക്കുകയാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചു വിടും പക്ഷെ വെറുത്ത ആളെ സദാസമയം അയാളെ കുറിച്ചായിരിക്കും ചിന്ത നമുക്ക് ഒരാളെ നാട്ടിൽ വെറുപ്പുണ്ടെങ്കിലേ സദാസമയം വർത്തമാനം വന്ന അയാളെ പറയും എന്തിനും അയാളെ ഉദാഹരണം കാണിക്കും ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മറ്റേവനെ അറിയുവോ നിങ്ങളുടെ നാട്ടില് മറ്റേവനെ അറിയോയ്ക്കോ അവനെ എനിക്ക് ചിലത് പറയാനുണ്ട് പിന്നെ അവനെക്കുറിച്ചാവും വർത്തമാനം എന്ത് വന്നാലും ചിറ്റി വളഞ്ഞ് വളഞ്ഞ് നമുക്ക് വെറുപ്പുള്ള ആളെ കുറിച്ച് പറയും അതേപോലെ തന്നെ പേടിയുണ്ടെങ്കിൽ സദാ അതുണ്ടോ അപ്പോ നെഗറ്റീവാണ് ഇതേ ഇത് ലോകത്തിലാണെങ്കിലോ ലോക വിഷയത്തിൽ നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെടുകയാണെങ്കിൽ ആ ഭയപ്പെടുന്ന വസ്തു നമ്മളുടെ ഉള്ളിൽ കയറിയിരിക്കും അതുകൊണ്ടാണ് ഈ പ്രേതം ഭൂതമൊക്കെ പേടിക്കുന്ന ആളുകൾക്കേ കാണുകയുള്ളൂ പേടിയില്ലാത്തവർക്ക് എവിടെ കാണും പേടിയില്ലാത്തവർക്ക് ഒന്നും കാണില്ല പേടിയുണ്ടോ പ്രേതവും ഭൂതവും ഒക്കെ മുമ്പിൽ വന്ന് നിക്കും നമ്മളുടെ ഭയം തന്നെയാണ് പ്രേതത്തിന്റെ രൂപം ധരിച്ച് മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് പേടിയില്ലെങ്കിൽ ഒരു പ്രേതത്തിനെ ആരെങ്കിലും ഒക്കെ കണ്ടാൽ അത്യാവശ്യം വീട്ടിൽ ഊണ് കഴിക്കാൻ വിളിച്ചോണ്ട് പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രേതവും മുമ്പിൽ വരില്ല ഭൂതവും വരില്ല ഭയം എന്നുള്ള വികാരം തന്നെ ആ രൂപം പൂണ്ടു നിൽക്കും അപ്പോ നമ്മളുടെ ധ്യാനം ഭഗവാനാവില്ല നമ്മൾ ഭയപ്പെടുന്ന വസ്തുവായിട്ട് നമ്മൾ ലോകവിഷയത്തിൽ എന്തിനെങ്കിലും അതാണ് ഒരു വികാരവും ലോകത്തിൽ ഏതൊരു വസ്തുവിനോടും വെക്കാൻ കൊള്ളില്ല എന്തിൽ വെച്ചാലും മനസ്സിൽ അത് പതിയും ആരെങ്കിലുമൊക്കെ വെറുത്താൽ അവർ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ആരോടെങ്കിലും ആസക്തി അവർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ആരോടെങ്കിലും നമുക്ക് അസൂയ ഉണ്ടായാൽ അവർ നമ്മളുടെ മനസ്സിനുള്ളിൽ കയറിയിരിക്കും ഭയന്നാൽ കയറിയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞു വിഗതഭീഹി ലോകത്തിൽ ഒന്നിനെയും ഭയം മാത്രമല്ല ഒരു വികാരവും ഒന്നിനോടും വെക്കാതിരുന്നാൽ എല്ലാത്തിനെയും നിലയ്ക്ക് നിർത്തിയാലേ ഭഗവത് ധ്യാനം പറ്റുകയുള്ളൂ ആത്മധ്യാനം പറ്റുകയുള്ളൂ ഇതൊരു പ്രിപ്പറേഷനാണ് പിന്നീട് ബ്രഹ്മചാരി വ്രതയെ സ്ഥിത ബ്രഹ്മചാരി വ്രതത്തിലിരിക്കണം എന്നാണ് ബ്രഹ്മചര്യത്തിലിരിക്കണം മനസ്സിനെ ശുദ്ധമായിട്ട് വെച്ചുകൊണ്ടിരിക്കണം എന്നാണ് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ എന്താ നമ്മൾ കല്യാണം കഴിക്കാത്തവരെയൊക്കെ ബ്രഹ്മചാരി എന്ന് വിളിക്കും അല്ലേ ബ്രഹ്മചര്യം എന്നുള്ള വാക്കിനും കല്യാണം കഴിക്കുന്നതിനും കല്യാണം കഴിക്കാതായ്മയ്ക്കൊന്നും ബന്ധമല്ല ബ്രഹ്മണി ചാരം ബ്രഹ്മചര്യം പരം സ്മൃതം ബ്രഹ്മത്തില് മനസ്സ് ചരിക്കലാണ് ബ്രഹ്മചര്യം അതിന് ഏറ്റവും തടസ്സം ഈ ലൗകിക വിഷയങ്ങളായതുകൊണ്ട് അതിനും ബ്രഹ്മചര്യം എന്ന് പേരുവെച്ചു അത്രയുള്ളൂ അതിനെ ശരിയായി ബ്രഹ്മനിഷ്ഠമായാൽ മനസ്സ് ഭഗവത് നിഷ്ഠമായാൽ ലോകത്തുള്ള വിഷയങ്ങളോടൊന്നും കാര്യമായ രുചി ഇല്ലാതായി പോകുന്നതുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് അതിനു പേരുവച്ചു വേദം പഠിക്കുന്നതിനും ബ്രഹ്മചര്യം എന്ന് പേരുണ്ട് അപ്പോ ബ്രഹ്മചാരി വ്രതയസ്ഥിതെന്നുവെച്ചാൽ നമ്മളെ ഏതൊക്കെ വിഷയങ്ങൾ ഭഗവാനിൽ നിന്ന് അകറ്റുമോ അത്തരം വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാത്തവൻ ബ്രഹ്മചാരി സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ പുരുഷനാണെങ്കിൽ പുരുഷൻ ഇത്തരം ബന്ധങ്ങളൊക്കെ നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അത് നമുക്ക് ബ്രഹ്മചര്യ ദോഷം അതൊക്കെ നമുക്ക് ഭഗവാനോട് നമ്മളെ അടുപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ ബ്രഹ്മചര്യം അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിക്ക് വിവാഹ ശേഷം ഉള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ തപസ്സുണ്ടെങ്കിൽ അയാളുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം തന്നെ ബ്രഹ്മചര്യമാണ് അയാളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നില്ലെങ്കിൽ അത് ബ്രഹ്മചര്യം ഭഗവാനിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അത് ബ്രഹ്മചര്യ ദോഷം അതുകൊണ്ട് ബ്രഹ്മചര്യ വ്രതേ സ്ഥിത എന്ന് വെച്ചാൽ പുറം വിഷയങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലായ്മ ധ്യാനത്തിൽ മാത്രം രുചി മനസ്സംയമിത്തോ മനസ്സിനെ അന്തർമുഖമാക്കി തീരുത്ത മനസ്സിനെ ഭഗവാൻ കൊടുത്തു ഭഗവാൻ മനസാണ് വേണ്ടത് മനസ്തേപ്ജെ നിവസു വചസ്ത്രോത്ര പണിതൗ കരൗാവ്യാ ശ്രുതിരപ്പി കഥാർണനവിധൗ തവധ്യേ ബുദ്ധിഹീന യുഗണ മൂർത്തി വിഭവേ പരഗ്രന്ഥാൻകൈർവാ പരമശിവജാനേ പരമ ശിവാനന്ദരിയിലെ ആചാര്യസ്വാമികൾ പറയുന്നു മനസ്തേ പാദാബ്ജേനി വസൂ ഭഗവാനെ എന്റെ ശരീരം അങ്ങയ്ക്ക് അർപ്പണം മനസ്സ് അങ്ങയുടെ പാദാബ്ജത്തിൽ നിൽക്കട്ടെ എന്നാണ് മനസ്തേ പാദബ്ജേനി വസത്തു വചഹാസ്തോത്ര തുറന്നാൽ ഭഗവത് വിഷയങ്ങൾ പറയുക വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ വരും ഇരിക്കും നമുക്ക് ഏതെങ്കിലും സ്തോത്രം ചൊല്ലാം നാമസങ്കീർത്തനം ചെയ്യാം അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ കിട്ടുന്ന വിഷയങ്ങൾ നമ്മൾ മനനം ചെയ്തിട്ടുള്ള വേദാന്ത വിഷയങ്ങൾ ബ്രഹ്മവിദ്യയെ പറയാം അവർ നല്ല രുചിയുള്ള ആളുകളാണെങ്കിൽ നല്ലവണ്ണം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല സത്സംഗമായി അല്ലെങ്കിലോ ഇനിയൊരു പ്രാവശ്യം നമ്മളെ കണ്ടാൽ വഴിക്കേ വരില്ല അപ്പോഴും നന്നായി ഇനി വരികേയില്ല അപ്പോഴും നന്നായി സത്സംഗത്തിനും അത് നല്ലതാണ് വായ തുറന്നാൽ ഈ വിഷയമാണ് പറയുന്നതെങ്കിൽ വചസ്തോത്ര ഭണിതവും കരൌചാപി അർച്ചായാം കൈകൊണ്ട് ഭഗവാന് പൂജ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവത് ആരാധനയായിട്ട് കരുതുന്നു കരൌചാപി അർച്ചായാം ശ്രുതിരപി കഥാകർണനവിധവും ചെവിയോ ഭഗവത് വിഷയങ്ങൾ ഭഗവത് തത്വങ്ങൾ കേൾക്കുന്നു ർണനവിതൗ തവധ്യാനേ ബുദ്ധി ബുദ്ധിയോ ഭഗവാന്റെ രൂപത്തിനെ ആത്മധ്യാനത്തിനായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തും ആത്മധ്യാനം തവധ്യാനേ ബുദ്ധി നയനയുഗളം ഉള്ളില് ധ്യാനം ഏർപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളൊക്കെ യാതൊന്നു കാണുമ്പത നാരായണ പ്രതിമ എല്ലാം ഭഗവത് നയനയുഗളം മൂർത്തി വിഭവേ ആ സ്ഥിതി എത്തിയാൽ പിന്നീട് ഭഗവാനല്ലാതെ വേറെ ഒന്നിലും ശ്രദ്ധയില്ല എന്ന് വരും അപ്പൊ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ സത്സംഗം കൊണ്ടും ചര്യ കൊണ്ടും ഭഗവാന്റെതാക്കി തീർക്കുന്നു അപ്പൊ ആ സീത മത്പരഹ ഭഗവത് പാരായണനായി നമ്മളെ ഭഗവാൻ അർപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ധ്യാനസ്ഥിതിയെ ഇവിടെ പറയുന്നു അടുത്ത ശ്ലോകം യുഞ്ചൻ ഏവം സദാത്മാനം योगी യോഗീസ മത്സംസ്തീ യുഞ്ചന് ഏവ सदा ആത്മാന योगी നിയതമാനസ योगी ആരണ योगी മനസ്സിനെ ആത്മാവിൽ നിർത്തുന്നവനാണ് യോഗി മനസ്സിനെ ആത്മാവിൽ നിർത്തുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചിത്തവൃത്തികൾ ഇല്ലാതെ ആയാൽ സ്വയമേവ മനസ്സ് ആത്മരൂപമായി പരിണമിക്കും ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ അതിനെ മനസ്സെന്ന് പറയാൻ പറ്റ ചിത്തവൃത്തികൾ ഇല്ലാതായാൽ മനസ്സ് എന്ന് പറയുന്ന ആ സങ്കല്പ വസ്തു തന്നെ അവിടെ ഇല്ലാതായിട്ട് തീർന്ന് അവിടെ ആത്മാവേ നിൽക്കുള്ളൂ അപ്പൊ ചിത്തവൃത്തികൾ ഇല്ലാതാക്കുന്ന യോഗത്തിനെ എങ്ങനെ അഭ്യസിക്കും ചിത്തവൃത്തികൾ അനേക ചിത്തവൃത്തികൾ ഇങ്ങനെ പൊന്തുന്നുണ്ടല്ലോ ഉള്ളില് എട്ടുകാലി വലനൂൽക്കണ പോലെ ഈ മനസ്സ് ഉള്ളില് സങ്കല്പങ്ങളുടെ വല നൂറ്റുകൊണ്ടേ ഇരിക്കണുണ്ടല്ലോ എന്നുവച്ചാൽ അതിന് ഒരു വഴിയേ ഉള്ളൂ ഓരോ ചിത്തവൃത്തിയും സങ്കല്പവും പൊന്തുമ്പോൾ ആദ്യം ജാഗ്രത പഠിക്കണം ജാഗ്രത നമ്മളിൽ ഉണ്ട് ആ ജാഗ്രത എന്നുള്ള ശക്തിയെ നമ്മൾ വളർത്തിയെടുക്കുന്നു ഈ ജാഗ്രതയ്ക്ക് തന്നെ ശ്രദ്ധ എന്നും പറയാം നമുക്കും ജാഗ്രത ഉണ്ട് നമുക്ക് ചിലതൊക്കെ അറിയാം ഇപ്പോ നമ്മളെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഓഫീസർ നമുക്ക് മേലെയുള്ള സുപ്പീരിയർ ഓഫീസർ നമ്മളെ വിളിച്ച് ചീത്ത പറയുന്നു ചീത്ത പറയുമ്പോൾ അയാള് പറയണതൊക്കെ കേട്ടിട്ട് നമുക്ക് ദേഷ്യം വരും ഉള്ളില് ദേഷ്യം വന്നാൽ അയാളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളുടെ ദേഷ്യത്തിനെ നമ്മൾ തന്നെ കണ്ടുകൊണ്ട് എസ് സാർ ശരി സാർ ഇനി എങ്ങനെ ചെയ്യാം സാർ ഒരു നാല് സാറ് വിളിച്ചിട്ട് വരും വീട്ടിൽ അതേ ഒരു കാര്യം ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ കൊടവട്ട് അടയ്ക്കും പാത്രം തല്ലി പൊട്ടിക്കും തല്ലാൻ പോവും അല്ലേ കാരണം എന്താ അവിടെ ദേഷ്യത്തിനെ പ്രയോഗിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് ഉയർന്ന സന്നിധിയെ കണ്ടതുകൊണ്ട് അതിന്റെ മുമ്പിൽ നമ്മൾ ഇടയ്ക്ക് ആ മാറ്റി നിർത്തി അപ്പൊ നമുക്ക് ചെയ്യാം സാധിക്കുന്ന അർത്ഥം ആ ചെയ്യാൻ സാധിക്കാൻ നമുക്ക് സഹായം അവിടെ എന്തുണ്ടായി ആ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുമ്പിൽ ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതുകൊണ്ടാണ് ഭക്തന്മാര് പറയണത് നമ്മളുടെ മുമ്പിൽ വരുന്നവരൊക്കെ ഭഗവാന്റെ സ്വരൂപികളാണെന്ന് നമുക്ക് ഭാവം സദാവുണ്ടെങ്കിൽ ആരോടും നമുക്ക് ദേഷ്യപ്പെടാനോ പറ്റില്ല പക്ഷെ ആ ഭാവം ഉണ്ടാവുന്നതാണ് വിഷം ഭാവം നമുക്ക് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാനും വൈകി അപ്പൊ സത്സംഗത്തിൽ കേൾക്കണു പതുക്കെ പതുക്കെ ചിത്തശുദ്ധി ഉണ്ടായി കാണുന്നവരിൽ ഭഗവത്ഭാവം തോന്നിത്തുടങ്ങിയാൽ നമ്മൾക്ക് അവരോട് പിന്നെ പറ്റില്ല നമ്മൾ സ്വയമേവ അടങ്ങിപ്പോയിക്കോളും അങ്ങനെ ഇല്ലെങ്കിൽ ഈ ജാഗ്രത വളർത്തിയെടുക്കാം പതുക്കെ പതുക്കെ ഓരോ വികാരങ്ങളും ചിത്തവൃത്തികളും പൊന്തി വരുമ്പോ ചിത്തവൃത്തികളെ മാറി നിന്ന് കാണണം ഇത് പരിശീലിച്ചെടുക്കണം തനിച്ചിരിക്കുമ്പോ ഒരു നേരംപോക്കായിട്ട് ഇത് ചെയ്യണം നേരം പോക്കായിട്ട് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നാമം ജപിച്ചുകൊണ്ടേ ജപിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ ഒരു വസ്തു എന്ന കാണുന്നു ഈ മൈക്കിനെ കാണുന്ന പോലെ എന്റെ ഉള്ളില് വരുന്ന വസ്തുക്കളെയൊക്കെ ഞാൻ കാണുന്നു അതൊക്കെ മാറി നിന്ന് കാണുന്നു എന്നാണ് പല വസ്തുക്കളെ കാണുന്ന പോലെ കാണുന്നു അതിനോട് യാതൊരു പ്രതികരണവും കാണുന്നു ഉള്ളില് സിനിമ കാണണം ആഗ്രഹം വന്നു സിനിമ കാണണം എന്നുള്ള ആഗ്രഹം അവിടെ ഉണ്ട് അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അതിനെ കണ്ടുകൊണ്ടിരിക്കണം മാറി നിന്നു ഒരാളെ അടിക്കണം എന്ന് തോന്നുന്നു ആ തോന്നണുണ്ട് ആ അടിക്കണം എന്നുള്ള തോന്നലിനെ ഞാൻ കാണുന്നു അതേപോലെ ആരോടോ ആസക്തി തോന്നുന്നു ആ ആഗ്രഹം ഉള്ളിൽ വരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു മാറി നിന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നു ഈ ഇമോഷൻ ഇങ്ങനെ ഓരോ വികാരങ്ങളും പൊന്തുമ്പോ ആ വിട്ടുനിന്ന് കാണാനുള്ള സഹായമാണ് ആത്മവിചാരം ഓരോ വിചാരം വരുമ്പോഴും പതുക്കെ ഇത് ആർക്ക് വരണു എന്ന് ചോദിക്കുകയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ചോദ്യം തൊടുക്കുക ഇതിന് കുറച്ച് പരി പരിശീലിക്കാം ഇത് യോഗം ആത്മവിശുദ്ധയും ഏകാന്തത്തിലിരുന്ന് നമ്മൾ ദിവസവും ധ്യാനിക്കണം അല്പനേരത്തേക്ക് കുറച്ചു നേരത്തേക്ക് ഏതെങ്കിലും നാമം ജപിച്ച് മനസ്സിനെ ഒന്ന് അടക്കിയിട്ട് പതുക്കെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ചോദിക്കുകയാണ് വിചാരങ്ങളെയൊക്കെ വരാൻ അനുവദിക്കുക ആദ്യം എന്നിട്ട് ഈ വിചാരങ്ങളൊക്കെ ആർക്ക് വരണു എന്ന് ചോദിക്കണോ ഉടനെ ഉള്ളിൽ ഉള്ള അഹങ്കാരം എന്തുപറയും എനിക്ക് വരണു എന്ന് പറയും അല്ലെ എനിക്ക് വരണു എന്ന് പറയുമ്പോ മറുചോദ്യം ചോദിക്ക ബ്രഹ്മാസ്ത്രം ഈ ഞാൻ ആരാണ് രമണ മഹർഷിയുടെ ഉപദേശങ്ങളൊക്കെ നോക്കിയാൽ അദ്ദേഹത്തിനോട് പലർക്കും ചോദ്യമേ ചോദിക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ ചോദ്യം അദ്ദേഹം ഗണിക്കേയില്ല പാൾ ബ്രണ്ടൻ എന്ന് പറയുന്ന വെള്ളക്കാരൻ സായിപ്പ് പതിനഞ്ച് മിനിറ്റ് ചോദ്യം ചോദിച്ചു മഹർഷിയോട് ആദ്യത്തെ കാഴ്ചയിൽ ചോദിച്ചില്ല പിന്നീട് ചോദിച്ചു ലോകം നന്നാവോ പാശ്ചാത്യദേശങ്ങളും പൗരസ്ത്യദേശങ്ങളും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു ഇവിടെ ഒരു നന്മ ഉണ്ടാവുവോ ലോകത്തില് ശാന്തി കിട്ടും ലോകത്തിനെ എങ്ങനെ നന്നാക്കാൻ പറ്റും ഇങ്ങനെ അനേക ചോദ്യങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇദ്ദേഹം ചോദിച്ചിട്ട് ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഭാണ്ഡ മുഴുവൻ നീക്കി വെച്ചു മഹർഷി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അദ്ദേഹത്തിന് വെറുതെ നോക്കി എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ ചോദ്യത്തിന് ഒന്നും വില വയ്ക്കാതെ മഹർഷി ചോദിച്ച ഒരു ചോദ്യം ഇത്ര ചോദ്യം ചോദിച്ചുവല്ലോ അതിൽ പോൾ ബ്രണ്ടൻ പലതും ചോദിച്ചു ഞാൻ ധ്യാനിച്ചിട്ടുണ്ട് എനിക്ക് അധ്യാത്മികമായി പുരോഗതി ഉണ്ടാവുമോ എനിക്ക് എങ്ങനെ ലോകത്തിനെ നന്നാക്കാൻ പറ്റും എനിക്ക് എങ്ങനെ സാക്ഷാത്കാരം നേടാൻ പറ്റും ഇതൊക്കെ കേട്ട മഹർഷി പതിനഞ്ച് മിനിറ്റിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ഇത്ര നേരം വർത്തമാനം പറഞ്ഞതിൽ എത്ര പ്രാവശ്യം എനിക്കെങ്ങനെ കിട്ടും എനിക്കെങ്ങനെ നേടാൻ പറ്റും ഞാൻ നന്നാക്കാൻ പറ്റുമോ ലോകത്തിനെ നന്നാക്ക ഇത്രയും ചോദ്യത്തിൽ എത്ര പ്രാവശ്യം എനിക്ക് ഞാൻ എനിക്കെങ്ങനെ കിട്ടും എന്റെ പ്രശ്നം എന്ന് എത്ര പ്രാവശ്യം ഉദിച്ചു ഈ ഞാൻ എന്താണ് അയാൾക്കത് ചോദ്യമേ മനസ്സിലായില്ലേ ഈ മറു ചോദ്യമേ മനസ്സിലാവാതെ കുറച്ചു നേരം നിന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞു അങ്ങ് ചോദിച്ചത് മനസ്സിലായില്ല അല്ല നിങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞുവല്ലോ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ പറയണല്ലോ അതെനിക്ക് മനസ്സിലായില്ല ഈ എനിക്ക് എന്താണ് മനസ്സിലായില്ല എന്ന് പറയണ ഈ ആൾ ആരാ ഞാൻ തന്നെ പറയണു ഞാൻ വെച്ചാൽ എന്താ ഈ ശരീരമാണോ ദേഹമാണോ കൈയാണോ ഞാൻ ആണോ കാലാണോ ഞാൻ തലയാണോ വയറാണോ മനസ്സാണോ ബുദ്ധിയാണോ പിന്നെ എന്താ ഇതൊക്കെ കൂടിയതാണോ സംശയണ്ടല്ലേ ഏ ഇതൊക്കെ കൂടെ കൂടിയതാണോ ഉം ഉം ഇതൊക്കെ കൂടെ കൂടിയതാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ഭാഗം പോയാൽ ഞാൻ അല്പം പോകുവോ ഉം ഉം ഞാൻ കൈ മുറിഞ്ഞു പോയ ആൾക്ക് ഒത്തിരി ഞാൻ പോവോ അപ്പോ ഞാൻ എന്നുള്ളത് അപ്പോഴും പൂർണമാണ് അല്ലേ കാലു മുറിഞ്ഞു പോയ ആൾക്ക് ഞാൻ അല്പം ശകലം പോവുമോ അപ്പോ കയ്യ് കാല് തലൊന്നും ഞാനല്ല സ്വപ്നത്തില് ശരീരമേ ഇല്ല അല്ലെ ശരീരം വെറുതെ കിടത്തിയിട്ട് സ്വപ്നത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ അപ്പൊ ഞാൻ ശരീരമല്ല ശരീരം ജഡം പോലെ കിടക്കുമ്പോഴും ഉള്ളില് ഞാൻ എന്നുള്ളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണു ചലിച്ചുകൊണ്ടിരിക്കണം ഇനി ആ മനസ്സാണോ ഞാൻ സ്വപ്നം കാണുന്ന മനസ്സ് സ്വപ്നം മനസ്സിലല്ലേ കാണുന്നത് അല്ലെ ആ മനസ്സടങ്ങി അടങ്ങിയപ്പോ നമ്മൾ എന്തു പറയണു സ്വപ്നം കാണാതെ ഉറങ്ങിന്ന് പറയണു അല്ലെ ഉം അവിടെ ഞാൻ ഉണ്ടോ ഇല്ലയോ ഉം ഉണ്ടോ ഏത് ഞാനാ ഉള്ളത് അഹങ്കാരൂപത്തില് ഇപ്പൊ ഉള്ള ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇയാളോ അവിടെ ഉണ്ടോ സ്വപ്ന സുഷുപ്തിയില്ല സുഖമായി ഉറങ്ങുമ്പോ ഡീപ് സ്ലീപ്പ് ഉം ഞാൻ എന്ന് പറയുന്ന സ്കൂൾ കുട്ടി ഉണ്ടോ അവിടെ ഉം ഉണ്ടോ ആ വ്യക്തിത്വം ഉണ്ടോ ഇൻഡിവിജ്വാലിറ്റി ഇല്ല ശ്രദ്ധിച്ചു നോക്കൂ ആണ് പെണ് രാജാവ് ഭിക്ഷു ഒന്നും ഭേദമില്ല അല്ലെ പക്ഷെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു സുഖമായിരുന്നു എന്ന് പറയണു അല്ലെ സുഷുപ്തിയില് ശരീരം മനസ്സുമൊക്കെ മാറ്റി വെച്ചപ്പോ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു സുഖമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടം ദേഹവും മനസ്സുമൊക്കെ മാറ്റി വെച്ചപ്പോ സുഖമായിരുന്നു ആ സുഖം എവിടെ കിട്ടി എന്നിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി അല്ലെ ആ സുഖം എന്റെ യഥാർത്ഥ സ്വരൂപമാണ് അത് ആത്മാവിന്റെ സ്വരൂപമാണ് അതാണ് യഥാർത്ഥ ഞാൻ അല്ലെ അപ്പൊ മനസ്സും ശരീരവും ഒക്കെ എന്റെ സുഖത്തിനെ കൊല്ലുകയാണ് രാവിലെ ആയ സ്കൂളിൽ പോകണം അല്ലെ ആ സങ്കടം സ്വപ്നത്തിലെ പരീക്ഷ ചെലപ്പോ സ്വപ്നം കാണും എനിക്ക് ഇപ്പോഴും കാണും ഉത്തരവർഷങ്ങൾ അപ്പോ മനസും ശരീരവും നമുക്ക് വിഷമം ഉണ്ടാക്കണു മനസ്സും ശരീരവും ഇല്ലാത്ത സുഷുപ്തി അവസ്ഥയില് നമുക്ക് നിർവിശേഷ സുഖം ഉണ്ടാവണമുണ്ട് ആ സുഖം എവിടെ നിന്ന് വന്നു അത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപസുഖമാണ് ആ സുഖത്തിനെ ബോധപൂർവം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ അപ്പൊ എന്തുവേണം ജാഗ്രത അവസ്ഥയില് നമുക്ക് ആ സുഖം കിട്ടണമെങ്കിൽ സുഷുപ്തിയിൽ നമുക്ക് ആ സുഖം എങ്ങനെ കിട്ടി ഏതുകൊണ്ട് എന്തുകൊണ്ട് കിട്ടി മനസ്സിനെയും ശരീരത്തിനെയും മാറ്റി നിർത്തിയത് കൊണ്ട് കിട്ടി അല്ലെ അപ്പൊ ജാഗ്രതത്തിൽ ആ സുഖം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം അതേ യുക്തി ഉപയോഗിക്കാം മനസ്സിനെയും ശരീരത്തിനെയും മാറ്റി നിർത്തി ജീവിക്കണം ഇതാണ് കാര്യം ജാഗ്രതത്തില് നമുക്ക് ആ സുഖം കിട്ടണമെങ്കിൽ സുഷുപ്തിയിൽ കിട്ടിയ അതേ സുഖം എനിക്ക് ഇപ്പൊ കിട്ടണമെങ്കിൽ സുഷുപ്തിയിൽ ഞാൻ എന്ത് ചെയ്തു അതിനെ തന്നെ പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ട് ബോധപൂർവം രണ്ടിനെയും മാറ്റി നിർത്തിയിട്ട് ജീവിക്കണം ഞാൻ മാറ്റി നിർത്തിയിട്ട് ജീവിക്കാന്ന് വെച്ചാൽ എന്തർത്ഥം എന്നുവെച്ചാൽ കഴിയുന്നതും അതിനെ ആശ്രയിക്കാതെ ജീവിക്ക ശരീരത്തിനെ ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കണു പക്ഷെ ശരീരം ഞാനെന്നോ എന്റേതെന്നോ കരുതി മമത ഇല്ല മനസ്സിനെ ആശ്രയിക്കാതെ ജീവിക്കൽ എന്താ എനിക്കിപ്പോ മൂടില്ല പിന്നെ ജപിക്കാം എന്നൊന്നും പറയാൻ പാടില്ല മൂട് മൂടില്ലായ്മ ഇഷ്ടം ഇഷ്ടക്കേട് ഒക്കെ മാറ്റി നിർത്തിയിട്ട് കർത്തവ്യ കർമ്മങ്ങൾ ചെയ്താൽ മനസ്സിനെ ആശ്രയിക്കാതെ ജീവിച്ചു അപ്പൊ ശരീരത്തിനെ മനസ്സിനെ ആശ്രയിക്കാതെ ജീവിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇത് രണ്ടും നമ്മളെ ബാധിക്കണത് നിക്കും ബാധിക്കില്ല ബാധിക്കാതെ ആവുമ്പോ ശാന്തിർവാണപരമാം മത്സംസ്ഥ അധികം ഭഗവാൻ ഇവിടെ പറയുന്നത് നിർവാണരൂപമായിട്ടുള്ള ശാന്തി ആ ശാന്തിയാണ് എന്റെ പദം വൈകുണ്ഠം എന്നൊക്കെ പറയുന്നത് അതാണ് ശാന്തിം നിർവാണപരമാം നിർവാണ പരമം എന്നുവെച്ചാൽ നിർവാണത്തിൽ നിന്നും ലഭിക്കുന്നതായ പരമമായ ശാന്തി നിർവാണം എന്ന് വെച്ചാൽ എന്താ കർപ്പൂരം കത്തിപ്പോകുന്ന പോലെ വാസനാമയ ജീവശക്തി അപ്രത്യക്ഷമാവുന്നതാണ് നിർവ്വാണ സ്ഥിതി കർപ്പൂരം കത്തി അല്ലെ അമ്പലത്തിൽ കൊണ്ടുപോയാൽ വാഴപ്പഴം കൊണ്ടുപോയാൽ പഴം തിരിച്ചു വരും ഒന്നെങ്കിലും തിരിച്ചു വരും വെറ്റല കൊണ്ടുപോയാൽ വെറ്റലയും അല്പം തിരിച്ചു വരും ചന്ദനത്തിരി കൊണ്ടുപോയാൽ അവിടെ ഉപയോഗിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ചുനേരം കത്തിച്ചിട്ട് വരും നിവേദ്യം കൊണ്ടുപോയാൽ ചിലര് പകുതി പാത്രം കൊണ്ടുപോകും പക്ഷെ ഒരു സാധനം മാത്രം തിരിച്ചു പോകില്ല അമ്പലത്തിൽ അവശേഷിക്കുമില്ല എന്താണോ കർപ്പൂരം ചൂടം അല്ലേ കർപ്പൂരം കത്തിപ്പോയി അല്പം പോലും ബാക്കി നിൽക്കാതെ അസ്തമിക്കുന്നത് സ്ഥിതിക്ക് പേരാണ് നിർവ്വാണം അതുകൊണ്ടാണ് കർപ്പൂരം കത്തിക്കുന്നത് നമ്മളെ ഇതുപോലെ ഇല്ലാതാക്കി തീർക്കുക ഭഗവാനിൽ ഈ ഞാൻ എന്നുള്ള ജീവാഹന്ത നിശേഷം അസ്തമിക്കുന്നതിന് നിർവാണസ്ഥിതി എന്ന് പറയണു ആ നിർവ്വാണ സ്ഥിതിയിൽ പരമാശാന്തിഹീനം ഇങ്ങനെ നിരന്തരം ധ്യാനം ശീലിച്ച് മനസ്സിനെ അതിന്റെ മൂലസ്ഥാനത്തിൽ ലയിപ്പിച്ച് ലയിപ്പിച്ച് അന്തർമുഖതയോ ബഹിർമുഖതയോ ഇല്ലാതെ ന അന്തഃപ്രജ്ഞം നഹിഷ്പ്രജ്ഞം ന ഉഭയപ്രജ്ഞം ന പ്രജ്ഞം നപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അചിന്യം പ്രപഞ്ചോപ ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം എന്നൊക്കെ ശ്രുതി പറയുന്ന ആ നിർവാണശാതി അത് തന്നെ ഭഗവത്സ്വരൂപം അധിഗ്തി അവിടെ ശരീരത്തിലുള്ളപ്പോ തന്നെ ആ ശാന്തി അനുഭവിക്കുന്നു നമുക്ക് സത്സംഗമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥ വേദാന്ത സത്സംഗം നമുക്ക് നിശ്ചലതയുടെ സംഗീതോത്സവമാണ് നിശ്ചലതയാണ് നമുക്ക് സത്സംഗത്തിന്റെ പരമപ്രയോജനം ഈ യോഗസ്ഥിതി നേടിയെടുക്കണമെങ്കിൽ ശരീരത്തില് ചില താളം വേണം ആ താളം എങ്ങനെ ഉണ്ടാവും ഈ ശാന്തിയെ ശാന്തിയുടെ ദീപമുള്ളിൽ കൊളുത്താൻ വിളക്ക് തയ്യാറാക്കുന്ന പോലെ ശരീരത്തിനെ തയ്യാറാക്കി നിർത്തണം അതാണ് അടുത്ത ശ്ലോകം നോക്കാം പ്രാക്ടിക്കൽ സജഷൻസ് രണ്ട് ശ്ലോകങ്ങൾ അതാണ് നാത്തിസ് സ്വപ്നശീല ജാഗ്രതോനർജുന യുക്തവിഹാരുക്േ കമ്മസൂ യുക്തസ്വപനവോധ യോഗോഭവതി ദുഃഖ ഈ ശാന്തി നിശ്ചലതത്വം അത് നമുക്ക് നിലച്ച് നിൽക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ശരീരത്തിൽ വേണം ഭഗവാൻ ഇവിടെ പറയുന്നു അധികം ഉണ്ണുന്നവന് യോഗമില്ല പിന്നെ അത്യസ്നതസ്തു യോഗോസ്തി രാത്രി ഒരുപാട് ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഒമ്പത് മണിക്ക് കിടന്ന് നാലുമണിക്ക് എണീക്കാം എന്ന് വിചാരിച്ചാൽ പോലും നാലുമണിക്ക് ഉറക്കം തൂങ്ങിയിരിക്കും വയറിൽ ആഹാരം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ദഹിച്ചു കിട്ടില്ല ജീർണ്ണിച്ച് അധികം ആഹാരം കഴിക്കുന്നവന് യോഗസ്ഥിതി ഉണ്ടാവില്ല കഴിയുന്നതും ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം നമുക്ക് എല്ലാവർക്കും പ്രായോഗികമാക്കാൻ വയ്യ ബുദ്ധന്റെ ഉപദേശങ്ങളിൽ സന്യാസികൾക്കൊക്കെ അദ്ദേഹം കൊടുത്തൊരു ഉപദേശം ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിക്കരുത് എന്ന് നേരം ഇരുട്ടി ആഹാരം കഴിക്കരുത് എന്ന് എന്നുവെച്ചാൽ അപ്പൊ എന്താവും രാത്രിയാവുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ജീർണിച്ച് നല്ലവണ്ണം ജീർണിച്ച് ശരീരത്തിൽ അത് അടങ്ങിയിട്ടുണ്ടാവും അടുത്ത ദിവസം രാവിലെ ഫ്രഷ് ആയി നമ്മളുടെ അധിക രോഗത്തിനും കാരണം കഴിക്കുന്ന ആഹാരം ശരിക്ക് ജീർണിക്കാതെ അവിടെ അവിടെ കെട്ടിക്കടന്നിട്ട് പ്രാണന്റെ ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കും പ്രാണന്റെ ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കി അതൊക്കെ വ്യാധിസ്ഥാനങ്ങളായിട്ട് ശരീരത്തിന് രൂപപ്പെടും പ്രാണൻ ശരിക്കും ഒഴുകാതാവുമ്പോൾ കോശങ്ങൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയാസ് വരും അപ്പൊ പ്രാണന്റെ ഒഴുക്കിന് തടസ്സം ഇരിക്കണമെങ്കിൽ ആഹാരം ഉച്ചക്ക് ഒരു നേരം നല്ല സുഖമായിട്ട് കഴിക്കാം രാത്രി സമയത്ത് കഴിയുന്നത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചോളണം ഓരോരുത്തരുടെയും രീതി ഒന്നും റെഡിമെയ്ഡായിട്ട് എല്ലാവർക്കും ഒരേ ഉപദേശം കൊടുക്കാൻ പറ്റില്ല ഇതിൽ ഓരോരുത്തരും കണ്ടുപിടിച്ച് ആഹാരത്തിന്റെ രീതി അവരവർക്ക് പറ്റിയത് എന്താണെന്ന് അവരവര് നിശ്ചയിക്കാം നിശ്ചയിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിൽ രാവിലെ ഊർജസ്വലരായിരിക്കാൻ പറ്റുമോ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് ധ്യാനം തമോ ഗുണം കൊണ്ട് ബാധിക്കപ്പെടാതിരിക്കുമോ അതുപോലെ ആഹാരം കഴിച്ചോളണം അതാണ് ഓരോരുത്തരുടെയും രീതി പിന്നെ അത്യസ്നതസ്തു യോഗോസ്തി എന്നാൽ പക്ഷണി ആഹാരമേ കഴിക്കണില്ല എന്ന് വെച്ചാൽ അപ്പോഴും യോഗം സാധ്യമല്ല പക്ഷണി അടക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിലോ വിശപ്പിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്രയേ വിശക്കും ശരീരത്തിന് അപ്പോഴും വ്യാധി വരും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും അൾസറും മറ്റുമൊക്കെ വ്യാധികളും ഒക്കെ എന്ന് പിടിപെടാം നചഈകാന്തം അനശ്നത നച്ച അതിസ്വപ്നശീലസ്യൻ ഒരുപാട് ഉറങ്ങിയാൽ ഉറക്കം സ്വപ്നം കാണലായിട്ട് മാറും അതാണോ സ്വപ്നശീലം എന്ന് ഭഗവാൻ പറഞ്ഞു ശരീരത്തിന് ഒരു പിരിയേഡ് ഉറക്കം വേണം എത്ര നേരം വേണം എന്നുള്ളത് ശരീരത്തിന് അറിയാം നമുക്കറിയില്ല ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ വാച്ചൊക്കെ വെച്ച് ഉറങ്ങിയാൽ ശരിയാവില്ല ഉറക്കം വരുമ്പോ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു സ്വാമി ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരണു ഞാൻ എന്ത് ചെയ്യണം മഹർഷി പറഞ്ഞു ഉറക്കം വന്നാ ഉറങ്ങ എപ്പോഴെങ്കിലും ഒക്കെ എണീക്കുവല്ലോ എണീച്ചാ പിന്നെയും ഉറക്കം വരണെങ്കിൽ പിന്നെയും ഉറങ്ങിക്കോളൂ ഉറക്കം പോട്ടെ ആ കിട്ടുന്ന സമയം ഉപയോഗിക്കാന്നാണ് കിട്ടുന്ന സമയം ഉപയോഗിക്ക ഉറക്കം വരുമ്പോ ഉറക്കത്തിനെ പഠിച്ചു നിർത്തിയിട്ട് കാര്യമില്ല പക്ഷെ ഉറക്കം കഴിഞ്ഞ് എണീറ്റാൽ അപ്പൊ എണീക്കണം എന്നുവെച്ചാൽ ഉറങ്ങി എണീറ്റിട്ട് പിന്നെയും പകുതി ഉറക്കത്തിൽ കിടക്കലാണ് സ്വപ്നശീലം പകുതി ഉറക്കത്തിൽ കിടക്കുമ്പോ മനസ്സില് സ്വപ്നം ഉണ്ടാവും സ്വപ്നം കാണുന്തോറും നമ്മളുടെ മാനസികമായ ഊർജം നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും സ്വപ്നശീലനായിട്ടുള്ളവന് ഊർജം യഥാർത്ഥത്തിൽ സ്വപ്നശീലമില്ലായ്മയാണ് ബ്രഹ്മചര്യം അസ്വപ്നം അനിദ്രണം അനിദ്രം അസ്വപ്നം മനസ്സ് ലയിച്ചു പോവാതെ സ്വപ്നം കാണാതെ നിൽക്കുന്നതാണ് ബ്രഹ്മചര്യം യോഗസ്ഥിതി സ്വപ്നം കാണും തോറും നമ്മളുടെ ഉള്ളിലുള്ള ഊർജം ഓജസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക കോൺഫ്ലിക്സിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടേരിക്കുക അപ്പൊ സ്വപ്നശീലനല്ലാതെ െങ്കിൽ എത്ര ഉറക്കം പോയാൽ അപ്പ എണീക്കണം ഉറക്കം പോയി എന്ന് കണ്ടാൽ പിന്നീട് കിടക്കരുത് കഴിയുന്നതും മനസ്സിനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കരുത് എന്നാണ് നമുക്ക് വേണ്ടപ്പോഴേ മനസ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ അത് ചിന്തിക്കണതിന്റെ പുറകെ നമ്മൾ ഓടി നടക്കേണ്ട ഒരു ഗതികേട് വരരുത് അപ്പൊ സ്വപ്നശീലം അല്ലാതെ പരിശീലിപ്പിച്ചെടുക്കുന്നു മനസ്സിനെ നജാതി സ്വപ്നശീലെ ജാഗ്രതോ നീപചാർച്ച അതേപോലെ ഉറങ്ങാതെ ഉറക്കം തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്കും ആത്മസാക്ഷാത്കാര രൂപത്തിലുള്ള യോഗം ഉണ്ടാവില്ല എത്ര കണ്ട് ശരീരത്തിന് ഉറങ്ങണോ അത്ര കണ്ട് ഉറങ്ങുക എത്ര കണ്ട് ആഹാരം കഴിക്കണോ അത്ര കണ്ട് ആഹാരം കഴിക്കുക ഒരു നേരം തിന്നാൽ യോഗി രണ്ടു നേരം തിന്നാൽ ഭോഗി മൂന്ന് നേരം കഴിച്ചാൽ രോഗി നാല് നേരം കഴിച്ചാൽ ദ്രോഹി എന്നാണ് നാല് നേരം കഴിക്കാൻ പാടില്ല എന്നല്ല ഇത് തന്നെ കൺസെപ്റ്റ് ആക്കരുത് നാലു നേരമോ അഞ്ചുനേരമോ കഴിച്ച് അല്പ അല്പം കഴിക്കുന്ന ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വയറിന് ഒരിക്കലും ഹെവി ലോഡ് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് അല്പ അല്പ അല്പ അല്പം കഴിച്ചോളൂ അതും നല്ല സമ്പ്രദായമാണ് അല്പ അല്പ അല്പം കഴിച്ച് ശരീരം അങ്ങനെ ജീർണിപ്പിച്ചോളൂ അതൊക്കെ ഓരോരുത്തരുടെ വഴിയാണ് അല്ലാതെ ഒരു നേരം കഴിച്ച് ഞാൻ യോഗിയാണെന്ന് പറഞ്ഞ് ഒരു പറ ഒരു നേരം കഴിച്ചാൽ ശരിയാവില്ല അപ്പോ ഉറക്കം ഊണ് ഇതൊക്കെ നമ്മള് നമ്മളുടെ രീതി കണ്ടുപിടിക്കണം യൗകികമായ രീതി അടുത്ത ശ്ലോകത്തിൽ അതാണ് ഭഗവാൻ യുക്ത ആഹാര വിഹാരസ്യാഹ ആഹാരത്തില് അവനവന്റെ ആഹാര രീതി എന്താണ് എത്ര കണ്ട് വേണം എന്ന് കണ്ടുപിടിച്ച് അതേപോലെ വിഹാരം പുറമേക്ക് കളിക്കുക വർത്തമാനം പറയുക ഇതും വേണം ചിലരൊക്കെ സാധന ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വായില് വെറ്റലിട്ടവരിയ്ക്കുന്ന പോലെ ഇരിക്കും ആനങ്ങില്ല ആരുടെത്തും ഉണ്ടല്ല വളരെ ഗൗരവം വിഷാദമഗ്നരായിട്ടിരിക്കും അത് അധ്യാത്മികതയല്ല അതുകൊണ്ട് കുറച്ചൊരു രസം തമാശയും കളിയും ഒക്കെ വേണം പക്ഷെ അതും അധികമായി പോയാൽ അവിടെയും യോഗസ്ഥിതി നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമ്മളുടെ വിഹാരങ്ങളിലും താളം വേണം വ്യവഹാരങ്ങൾ അതുപോലെ ലോകത്തില് ജോലി എടുക്കണം അല്ലേ അതാണ് ഏറ്റവും പ്രധാനം നമ്മളുടെ ജോലി എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാം എന്നിട്ട് ആ ജോലി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇതൊരു ഒരു തപസ്സാണ് നമ്മളുടെ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു തപസ്സാണ് നമ്മളുടെ ജീവിത വിജയത്തിന്റെ സെൻട്രൽ പോയിന്റാണത് നമ്മളുടെ എന്താ ജോലി എന്ന് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ട് അത് സ്വധർമ്മം എന്ന് നിശ്ചയിക്കാം എന്നിട്ട് അതിൽ കൂടുതൽ ഒന്നും ചെയ്തിട്ട് എന്ത് ലാഭം ഉണ്ടാവും ആ ലാഭമൊന്നും എനിക്ക് വേണ്ട നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താ സമാധാനവും സന്തോഷമാണ് അല്ലെ അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായമോ ലോകത്തിലുള്ള കാര്യമോ ഒന്നുമല്ല നമ്മളുടെ ജോലി നമ്മൾ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് പറയണതല്ല നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ആ ജോലിക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരയ്ക്കണം ഇതേ ഞാൻ ചെയ്യുള്ളൂ ഇതിനകത്ത് എനിക്ക് കിട്ടുന്നത് മതി സന്തോഷമായിട്ടിരിക്കും അതാണ് വിഹാരത്തിനെ നിയന്ത്രിക്കൽ എന്ന് പറയുന്നത് അപ്പൊ എന്താവും നമുക്ക് ധാരാളം സമയം ഇടയിൽ കിട്ടും നമ്മളുടെ സ്വധർമ്മം ചെയ്തിട്ട് കിട്ടുന്ന സമയം ധ്യാനിക്കാനും ജപിക്കാനും ഭഗവാനെ ആരാധിക്കാനും ഉപയോഗിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആനന്ദം ഊറി ഊറി വരും മറ്റുള്ളവർക്കും ഇതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവും നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ ഈ ശാന്തി പടർന്നു പിടിക്കും അല്ലാതെ ഇങ്ങനെ അനേക കാര്യങ്ങളിൽ ചെന്ന് കുടുങ്ങിയാൽ നമ്മളുടെ വിഹാരം ഭ്രമണമായിട്ട് മാറും അപ്പൊ എന്താവും നമുക്ക് ധ്യാനിക്കാനും സമയം ഉണ്ടാവില്ല ജപിക്കാനും സമയം ഉണ്ടാവില്ല നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും സമയം ഉണ്ടാവില്ല നമ്മളുടെ സ്വധർമ്മവും താർമാറാവും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയും അലങ്കോലമായിട്ട് തീരും ചെയ്യേണ്ട പ്രവൃത്തിയും അലങ്കോലമായിട്ട് തീരും മറ്റേ പ്രവൃത്തി ശരിക്ക് ചെയ്യും അതും ശരിക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ട പ്രവൃത്തി അലങ്കോലമായിട്ട് തീരും ചെയ്യേണ്ട രീതിയിലാവില്ല അപ്പൊ പ്രവൃത്തിയുടെ മണ്ഡലത്തിനെ യുക്തം എന്ന് ഭഗവാൻ ഇവിടെ വിഹാരം യുക്തചേഷ്ട എന്ന് പറഞ്ഞു യുക്ത ആഹാര വിഹാരസ്യ യുക്ത ചേഷ്ട അവനവന്റെ ചേഷ്ട കർമ്മമണ്ഡലം കണ്ടെത്തി അതിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ നമുക്ക് ഒരു വേലി കെട്ടിയ പോലെ ആയിത്തീരും സമാധാനത്തിനും ശാന്തിക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അവരവരുടെ അധ്യാ വേണം ഇവിടെ ആഹാരനിയന്ത്രണം പ്രവൃത്തി നിയന്ത്രണം അതുപോലെ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റിന്റെ നിയന്ത്രണം അത് വേണം നിയന്ത്രണം ഈ നിയന്ത്രണത്തിന്റെ ഒക്കെ നടുവിലെന്താ ഭഗവത് ധ്യാനം ഭഗവാനെ ആത്മധ്യാനം ജപം പൂജ ഏതോ നമുക്കൊരു അധ്യാത്മ സാധനം ആ സാധനയോടുകൂടെ ഇതിനെ ഒക്കെ താളത്തിൽ നിർത്തിയാൽ യുക്തസ്വപ്ന അവബോധസ് യോഗോഭവതി ദുഃഖ അപ്പൊ എന്താവും നമുക്ക് കാണാം നല്ല വീണ കമ്പി നല്ലവണ്ണം മുറുക്കിയാൽ കമ്പി പൊട്ടിപ്പോകും ലൂസായിട്ട് വിട്ടാലോ സംഗീതം വായിക്കാൻ പറ്റില്ല ശരിയായ ശ്രുതിക്ക് എല്ലാ കമ്പികളും ഒരേ താളത്തിൽ വെച്ച് ശ്രുതിക്കനുസരിച്ച് അത് ട്യൂൺ ചെയ്തു വെച്ചാൽ സുന്ദരമായിട്ട് സംഗീതം വായിക്കാവുന്നതുപോലെ നമ്മളുടെ ശരീരം മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ള കമ്പികളൊക്കെ ഒറ്റ താളത്തിൽ നിൽക്കണം അതിനെ ബാധിക്കുന്നതായിട്ടുള്ള ശരീരത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള ആഹാരത്തിന് ഒരു ക്രമം മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള ഉറക്കത്തിനൊരു ക്രമ ക്രമം പിന്നെയുള്ള കർമ്മം കർമ്മത്തിനൊരു ക്രമം വ്യവഹാരങ്ങൾ വിഹാരങ്ങൾക്കൊരു ക്രമം എല്ലാം കൊണ്ടുവന്നാൽ ഭഗവാൻ പറയുന്നു ഈ താളം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഈശ്വര ഭജനമോ പൂജയോ ഒക്കെ പ്രയോജനപ്പെടും ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ള വാക്ക് മാത്രം ഓർമ്മ വയ്ക്കണം നമ്മളെ ഒരു മഹാത്മാവോ ഒരു ദൈവമോ ഒരു ആചാരങ്ങളോ നമ്മളെ കരകയറ്റില്ല നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഇതിന് തയ്യാറല്ലെങ്കിൽ ഒരു ഒരു മഹാത്മാവോ ഒരു യോഗിയോ ഭഗവാനോ നമ്മളുടെ കൺസെപ്റ്റിലുള്ള എന്താ പറയാ വിവേകാനന്ദ സ്വാമികളോ രാമതീർത്തനോ ആരോ ഒരടുത്ത് പറയുന്നുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളെ നിങ്ങൾ ആരാധിച്ചാലും വെള്ളക്കാരന്മാരു കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ ദേവതകളെ നിങ്ങൾ ആരാധിച്ചാലും ശരി നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ തീരുമാനമെടുത്ത് യോഗസ്ഥിതിയിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ ഗീതയും വേദാന്ത തത്വവും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആചാര അനുഷ്ഠാനമോ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളുടെ പൂജയോ ഒന്നും പ്രയോജനപ്പെടില്ലാന്ന് ഇത് കൃഷ്ണൻ തന്നെ അതുകൊണ്ടാണ് നമ്മളുടെ ബോംബ് പോലെ നമ്മളടുത്ത് പറഞ്ഞു ഉദ്ധരേത് ആത്മാനാത്മാനം റെസ്പോൺസിബിലിറ്റി മുഴുവൻ നിങ്ങളുടെ തലയിലാണ് നിങ്ങളുടെ മുമ്പിൽ മേലെയാണ് അല്ലെങ്കിൽ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല ഒരാൾക്കും കഴിയില്ല ഒരു കാമ്യ പൂജ കൊണ്ടും ആരാധന കൊണ്ടും പ്രയോജനം ഉണ്ടാവില്ലേ നമ്മൾ വെറുതെ ജ്യോതിഷികളുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും അവർക്കൊക്കെ പ്രയോജനം ഉണ്ടാവും നമുക്ക് പ്രയോജനം ഉണ്ടാവില്ലേ ഇങ്ങനെ ഓടി നടക്കും കേരളത്തിൽ ഇപ്പൊ അതാണ് ഒന്നിൽ അങ്ങേതല അല്ലെങ്കിൽ ഇങ്ങേ തല ഒന്നിൽ അങ്ങട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങട്ട് പോകും ഒന്നും പ്രയോജനപ്പെടില്ല ഇതൊന്നും നമ്മളെ രക്ഷിക്കില്ല രക്ഷിക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം എന്റെ ജീവിതം എനിക്ക് സുഖമാവണമെങ്കിൽ പൂർണമാവണമെങ്കിൽ ഭഗവാന്റെ പരമകൃപ കൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമാവണമെങ്കിൽ സത്സംഗം വേണം ജപം വേണം ധ്യാനം വേണം നല്ല ഗ്രന്ഥങ്ങളെ വായിച്ച് വഴി എന്താണെന്ന് മനസ്സിലാക്കണം ഗീതയും ഉപനിഷത്തുകളും ഒക്കെ കേട്ടിട്ടും വഴി എന്താന്ന് മനസ്സിലാ വഴി പറഞ്ഞു തരാത്തതിന് കുറവൊന്നുമില്ല നമ്മൾ നടക്കാൻ കൂട്ടാക്കണില്ലെങ്കിൽ ആരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മൾ നടക്കാൻ കൂട്ടാക്കണില്ലെങ്കിൽ വേറെ ആരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നിട്ട് പ്രശ്നം വരുമ്പോ മറ്റേ പൂജ മറിച്ച പൂജ മന്ത്രവാദം പ്രശ്നം വെക്കൽ ഇങ്ങനെ ഓടി നടക്കും അവരോരോന്ന് പറയും അതിന്റെ പുറകിലൊക്കെ നടക്കും അഹോ മായ എന്നാണ് ആചാര്യസ്വാമികളുടെ ഒരിടത്ത് പറയുന്നു ഈ മായയുടെ വൈഭവം നോക്കുക നല്ല മരുന്നുണ്ട് ആ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതെ വേഷം വാങ്ങിച്ച് കഴിക്കണോ മനുഷ്യന് ഈ സത്യം അറിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ സ്വതന്ത്രരാകും സ്വാതന്ത്ര്യം നമ്മളുടെ കയ്യിലുണ്ട് ബന്ധവും നമ്മളുടെ കൈയിലുണ്ട് നമുക്ക് ബന്ധമാണ് വേണ്ടതെങ്കിൽ നാടകത്തില് കുറച്ചു കാലം വേഷം കെട്ടാൻ തയ്യാറാണെങ്കിൽ കെട്ടിക്കൊള്ളുകയാണ് സ്വാതന്ത്ര്യം വേണോ ഇപ്പൊ നമുക്ക് സ്വതന്ത്രരാവാം ഈ വിദ്യയെ ഗ്രഹിച്ചുകൊണ്ട് ശരീരത്തിനെ താളത്തിലാക്കി പ്രവൃത്തിയെ താളത്തിലാക്കി നിദ്രയെ താളത്തിലാക്കി നമ്മളുടെ വിഹാരങ്ങളെ ഒക്കെ താളത്തിലാക്കി നടുവിൽ ഭഗവാന് സ്ഥാനം കൊടുക്കണം അല്ലാതെ ലോകത്തിന് സ്ഥാനം കൊടുത്തിട്ട് ഭഗവാൻ മാർഗമായാൽ ദുഃഖിക്കും ലോകത്തിലെ പല കാര്യങ്ങൾ നേടാനായിട്ട് ഈശ്വരനാണെങ്കിൽ നമ്മൾ ദുഃഖിക്കും ഈശ്വരൻ തരുക ചെയ്യും ഭഗവാൻ എന്തു നമ്മൾ ചോക്ലേറ്റ് ചോദിച്ചാൽ തരും ലഡ്ഡു ചോദിച്ചാൽ തരും അവസാനം നല്ലവണ്ണം നുള്ളിയും വിടും അപ്പൊ കരയേണ്ടി വരും കരയേണ്ടി വരും ഭാഗവതത്തിലെ കൃഷ്ണലീലയിൽ ഒരിടത്ത് ഒരു വീട്ടില് ഗൃഹകുപിത്തോയാതി ഉപക്രോശ്യ തോക്കാൻ എന്നൊരു ലീലയാണ് വീട്ടിൽ ചെന്നപ്പോ വെണ്ണ കിട്ടിയില്ല യാത്രേ വെണ്ണ കിട്ടാത്തത് കണ്ടപ്പോ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ നല്ലവണ്ണം നുള്ളി വിട്ടിട്ടു ആ കുട്ടി ഉറക്ക കരയുന്നു ഈ ലീലക്ക് വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ഗൃഹകുപിതഹ എന്നുള്ള വാക്കിനർത്ഥം ഭഗവാൻ വെണ്ണ കാണാൻ വന്നപ്പോൾ വെണ്ണ കിട്ടിയില്ല വെണ്ണ കിട്ടിയില്ലാന്ന് വെച്ചാൽ ഈശ്വരൻ ഓരോ വീട്ടിലും വന്ന് എത്തി എത്തി നോക്കുക എന്താ അവിടെ ഭക്തന്മാരുണ്ടോ ആ ഭക്തി ഉണ്ടോ ഭക്തി കൊണ്ട് ഉരുകുന്ന ഹൃദയമുണ്ടോ ഈശ്വരന് പ്രാമുഖ്യമുള്ള ജീവനുണ്ടോ എന്ന് നോക്കും അതാണ് ഭഗവാൻ വെണ്ണയെ നമ്മൾ ഈ തൈര് കടഞ്ഞു വെക്കണ വെണ്ണ ഭഗവാൻ എന്തിനും നമ്മളെ ഓരോ വേഷം കെട്ടണ വെണ്ണ ഭഗവാൻ എന്തിനും ഹൃദയമാവുന്ന വെണ്ണയുണ്ടോ എന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂ ഭക്തിയുണ്ടോ ജ്ഞാനമുണ്ടോ വൈരാഗ്യമുണ്ടോ ജപമുണ്ടോ നിഷ്ഠയുണ്ടോ ആ വെണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ ഉപക്രോശ്യ തോക്കാൻ എന്നുവെച്ചാൽ കുട്ടികളിൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വരുത്തിയിട്ട് പോകുമത്രേ ഭഗവാൻ ശരീരത്തിൽ ആസക്തി ഉണ്ടോ ശരീരത്തിന് വ്യാധി കുടുംബത്തിൽ കഷ്ടം ഇതൊക്കെ ഭഗവാൻ നമുക്ക് ലെറ്റർ എഴുതുകയാണേ നീ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കണത് നിർത്തിയിട്ട് എന്റെ അടുത്തേക്ക് വരൂ നിനക്ക് ഇവിടെ ഒന്നും സമാധാനം കിട്ടാൻ പോകണില്ല എന്നൊരു വാണിംഗാണ് ഈ ദുഃഖങ്ങളൊക്കെ നമുക്ക് അനേക വിഷ വിധത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം ഭഗവാൻ നമുക്ക് വാണിംഗ് തരുകയാണ് ഈ ലോകത്തിലുള്ള വസ്തുക്കളും വെച്ചുകൊണ്ടുള്ള കളി അവസാനിപ്പിക്കാം എത്ര കാലമായി കളിക്കണു പോരെ ഇനി കുറച്ച് ഭജനം ചെയ്താ എന്താ കുറവ് കുറച്ച് നാമം എന്താ കുറവ് കുറച്ച് ഭഗവാനെ ആരാധിച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റിവെക്കൂ എടുത്തു ദൂരെ കളിയൂ നാളെ ചത്തുപോകുവോ മറ്റന്നാളെ ചത്തു പോവോ ഈ സാധനങ്ങളൊക്കെ എത്ര കാലം നിൽക്കും ഇവിടുത്തെ വസ്തുവകകളൊക്കെ അതൊക്കെ മാറ്റിവെക്കൂ ഇനി കുറച്ചുനേരം ശാന്തമായിട്ടിരിക്കൂ സമാധാനത്തോടെ ഇരിക്കൂ ധ്യാനിച്ചുകൊണ്ടും ഭഗവാനെ ആരാധിച്ചുകൊണ്ടും ജപിച്ചുകൊണ്ടും ഇരിക്കൂന്നാണ് യമം വരുന്ന സമയത്ത് നമ്മളുടെ ഈ വിദ്യയും നമ്മൾ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളൊന്നും യമം വലവെക്കില്ല അയാള് വലിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തുക യമൻ ഉമ്മർത്തു വന്ന് നിൽക്കുകയാണെന്ന് കരുതിക്കൊണ്ട് ഭഗവത് വചനം ചെയ്തോളണം എന്നാണ് അയാളെ മുമ്പിൽ കണ്ടാൽ എങ്ങനെ ഭഗവാനെ വിളിക്കുവോ അതുപോലെ വിളിച്ചോളണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അല്പം ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് ശാന്തി വേണോ അല്ല വാനിറ്റി വേണോ നമുക്ക് സുഖം വേണോ യഥാർത്ഥമായ സുഖം വേണോ അല്ല അഭിമാനം വേണോ നമുക്ക് നമ്മളുടെ ജീവിതം ധന്യമാണോ അല്ല ലോകത്തിന്റെ അഭിപ്രായം കേട്ട് നമ്മൾ നടക്കണോ ഇത് നമ്മളെ വിചാരം ചെയ്ത് തീരുമാനിച്ച് ഉറപ്പുറ്റൊരു തീരുമാനമെടുത്ത് ജീവിതം ധന്യമാക്കാനുള്ള ചുമതല നമ്മളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഉദ്ധരേത് ആത്മാനാത്മാനം എന്ന് പറഞ്ഞത് സ്വയം നശിപ്പിച്ചു കലയരുത് കുഞ്ഞെ നീ നന്നെ തന്നെ ഉദ്ധരിക്കുക എന്ന് കരുണാമൂർത്തിയായ ഭഗവാന്റെ ഉദ്ബോധനമാണ് നിന്നെ വേറെ ആരെങ്കിൽ ഭഗവാനെ നിങ്ങൾ ഉദ്ധരിക്കില്ലേ ഭഗവാൻ പറഞ്ഞു ഞാൻ ഉദ്ധരിക്കുമെന്നില്ല നീ എത്ര പായസം വെച്ചോളൂ എത്ര പൂജിച്ചോളും ഞാൻ ഉദ്ധരിക്കില്ല നിനക്ക് വേണമെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം നിനക്ക് വേണ്ടെങ്കിൽ നിർബന്ധിച്ച് ഞാൻ ഉദ്ധരിക്കുകയൊന്നുമില്ല നീ കുറെ കഷ്ടപ്പെടുക കുറെ വിഷമിക്ക് ഇനിയും കുറച്ച് ദുഃഖിക്ക് കുറച്ചുകൂടെ പല വിധത്തിലും കഷ്ടപ്പെട് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നല്ലവണ്ണം ചുട്ടാ കൈവിടും തമിഴിൽ ഒരു പഴയ പാട്ടുണ്ട് കൈ ചു ചട്ടി ചുട്ട് തടാ കൈവിട്ടുതെടാന്നാണ് ചട്ടി ചുട്ടപ്പ കൈവിട്ടു അത്ര ചട്ടി ചുടണവരെ കൈവിടില്ല ആ നല്ലവണ്ണം ചുട്ട് കഴിയുമ്പോൾ പോട്ടേ എന്ന് വിടും ആ ഒരു വിടാനുള്ള ഒരു മനസ്ഥിതി ലോകത്തിനെ നിർത്തേണ്ട സ്ഥലത്ത് നിരത്തി ഈശ്വരനു പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ ജീവിതം ധന്യമായിട്ട് തീരും അതാണ് യോഗസ്ഥിതി അതാണ് യോഗസ്ഥിതി ലോകത്തിന് വേണ്ട വയ്ക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷെ ലോകത്തിന് അമിതമായിട്ട് സ്വീകരിച്ചാൽ അത്യധികം ദുഃഖമാവും ഈശ്വരന് പ്രാമുഖ്യം കൊടുക്കും ം കൊടുക്കാണെങ്കിൽ നമുക്ക് ജീവിതം ധന്യമാവും ശാന്തിയെ നമ്മൾ എവിടെ അന്വേഷിച്ചു പോണ്ട ആരുടെ വീട്ടിന്റെ മുമ്പിലും ഭിക്ഷുവായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലേ ഒരാളുടെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ലേ നമുക്ക് സ്വതസിദ്ധമാണത് നമ്മളുടെ ഉള്ളിലുള്ള വസ്തുവാണ് നമ്മൾ പുറത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ല നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മളുടെ സ്വരൂപമാണ് സിദ്ധമാണത് ആ സിദ്ധമായ യോഗത്തിനെ സ്വന്തമാക്കാൻ സംഗമേശ്വര സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ ആളെ കാണാം